അനന്തരം ദീദ് യഹോവയോട് ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു യഹോവ അവനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു ഞാൻ എവിടേക്ക് ചെല്ലണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി അങ്ങനെ ദാവീദ് ഇസ്രയേൽക്കാരെത്തി അഹിനോവ കർമേലിയൻ ഭാര്യയായിരുന്ന അബിഗെയിൽ എന്നീ രണ്ട് ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു ദാവീദ് തന്നോടു കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഗിലയാദിലെ ് നിവാസികൾ ആയിരുന്നു ഷൌലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവുകിട്ടി ദാവീദ് ഗലയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ യജമാനായ ഷൌലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്തുകൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കും നിങ്ങളുടെ യജമാനായ ശൌൽ മരിച്ചു പോയല്ലോ യഹൂദാഗ്രഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു എന്നാൽ ശൌലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേർ മകനായ ഈസ് ബോഷേത്തിനെ മഹനൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ഗിലയാദ് അശൂരി ഇസ്രയേൽ യഫ്രൈം ബെന്യാമി എന്നിങ്ങനെ എല്ലാ ഇസ്രയേലിയർക്കും രാജാവാക്കി ഷൌലിന്റെ മകനായ ഈസ് ബോഷേത്ത് ഇസ്രയേലിൽ അവന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം വാണു യഹൂദാഗ്രഹമോ ദീദിനോട് ചേർന്ന് നിന്നു ദാവീദ് ഹെബ്രോനിൽ യഹൂദഗ്രഹത്തിന് രാജാവായിരുന്ന കാലം ഏഴ് സംവത്സരവും ആറുമാസവും തന്നെ നേരിന്റെ മകൻ അബ്നേരും ഷൌലിന്റെ മകനായ ഈസ് ബോഷത്തിന്റെ ചേവകരും നിന്ന് ജിബയോനിലേക്ക് വന്നു അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു അബ്നേർ യോവാബിനോട് ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു അങ്ങനെ ബെന്യാമീനരുടെയും ഷൌലിന്റെ മകനായ ഈസ് ബൊഷേത്തിന്റെയും ഭാഗത്തുനിന്ന് പന്ത്രണ്ട് പേരും ദാവീദിന്റെ ചേവകരിൽ പന്ത്രണ്ട് പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിൽ അടുത്തു ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ മുടിക്കു പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ചു വീണു അതുകൊണ്ട് ിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്നു പേരായി അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി അബ്നേരും ഇസ്രയേല്യരും ദാവിദിന്റെ ചേവകരോട് തൊറ്റുപോയി അവിടെ യോവാ അബിഷായി അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ മൂന്ന് പുത്രന്മാരും ഉണ്ടായിരുന്നു അസാഹേൽ കാട്ടുകലയെപ്പോലെ ീഖരഗാമി ആയിരുന്നു അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല അബ്നേർ പിറകോട്ട് നോക്കി നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെയെന്ന് അവൻ ഉത്തരം പറഞ്ഞു അബ്നേർ അവനോട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്നു പറഞ്ഞു എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല അബ്നേർ അസാഹേലിനോട് എന്നെ വിട്ടുപോക ഞാൻ നിന്നെ വെട്ടിവീഴിക്കുന്നത് എന്തിന് പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നു പറഞ്ഞു എന്നാറേയും വിട്ടുമാറുവാൻ അവനെ മനസ്സായില്ല അബ്നേർ അവനെ കുന്തം കൊണ്ട് പിറകോട്ട് വയറ്റത്ത് കുത്തി കുന്തം മറുവശത്ത് പുറപ്പെട്ടു അവൻ അവിടെ തന്നെ വീണ് മരിച്ചു അസാഹേൽ മരിച്ചുകിടന്നിടത്ത് വന്നവർ ഒക്കെയും നിന്നുപോയി യോവാവും അബിഷായിയും അബ്നേരിനെ പിന്തുടർന്നു അവർ ഗിബയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹന്റെ മുമ്പിലുള്ള അമ്മ കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു മിന്യർ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻമുകളിൽ നിന്നു അപ്പോൾ അബ്നേർ ഈ യോവാബിനോട് വാൾ എന്നും സംഹരിച്ചുകൊണ്ടിരിക്കണമോ ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോടെ കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു അതിന് യോവാബ് ദൈവത്താണേ നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്നു പറഞ്ഞു ഉടനെ യോവാബ് കാഹളം ഊതിച്ചു ജനമൊക്കെയും നിന്നു ഇസ്രയേലിനെ പിന്തുടർന്നില്ല ഒരുതുമില്ല അബ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്ന് യോർഡാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനൈമിൽ എത്തി യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ട് മടങ്ങി ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ പത്തൊൻപത് പേരും അസാഹേലും ഇല്ലായിരുന്നു എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീന്യരെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ മുന്നൂറ്ററുപത് പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു അസാഹേലിനെ അവർ എടുത്ത് ബേപ്പലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി